യുദ്ധമുതലുകൾ ശേഖരിക്കാനായി നിങ്ങൾ പുറപ്പെടുമ്പോൾ പിന്നിലായിപ്പോയവർ പറയും ഞങ്ങളെ വിടുൂ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാം അള്ളാഹുവിന്റെ വചനങ്ങൾ മാറ്റാനാണവർ ആഗ്രഹിക്കുന്നത് പറയുക നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരില്ല അല്ലാഹു സുബാനഹുവറ്റായാലാ മുൻപേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പറയും മറിച്ച് നിങ്ങൾ ഞങ്ങളോട് അസൂയപ്പെടുന്നു എന്നാൽ അവർ വളരെ കുറച്ചു മാത്രമേ ഗ്രഹിച്ചിരുന്നുള്ളൂ